മുഹമ്മദ് നബിസല്ലാഹ് അലഹി വസ്ല്ലം നിങ്ങൾക്കു വേണ്ടി പാപമോചനം തേടാൻ വരികൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ തലകൾ തിരിക്കുകയും അഹങ്കാരത്തോടെ തടയുന്നതായി നിങ്ങൾ കാണുകയും ചെയ്യും